नम नम अथवा അന്നമയാദന്നമയയം അഥവാ ചൈതന്യമേതാ യതി വരൂരീകർം വാഞ്ചസി ഗേതി ിംബിമോ ചാളവാസ് കടീമൃത്കുഭയോർവാംബരെ പ്രത്യവസ്തുനിരംഗസഹാനന്വോധംബുദോ വിപ്രോയ മഹാൻകോയം വിഭേദഭ്രമ ജഗ്രത്സ്വ്നസുഷുപ്തിഷു സ്ഫുടതരാ സംവിദുജമ്പ ബ്രഹ്മാതിപീലിന്ഷു പ്രോത ജഗത്സക്ഷി സൈവാഹം നൃശ്യവസ്തു പ്രാപി യു ചേച്ചാളോസ്തു സു ദ്ജോസ്തു ഗുരുത്യേഷ മനീഷ മമാ ആദ്യത്തെ ശ്ലോകം അവസ്ഥാത്രയത്തിനു സാക്ഷിയായിട്ടുള്ള ചൈതന്യം ഉണർവിലും സ്വപ്നത്തിലും ഉറക്കത്തിലും മാറാതെ നിൽക്കുന്ന സാക്ഷി ജാഗ്രത് സ്വപ്ന സ്ഫുടതരായ സംബിത്ത് ഉജുംബത യാതൊരു സംബിത്ത് പ്രകാശിക്കുന്നു ഇതൊക്കെ ഇതൊന്നും ഫിലോസഫി അല്ല ദിവസവും ഉള്ള നമ്മളുടെ അനുഭവം ദിവസവും നമ്മൾ അനുഭവിക്കുന്നതാണ് ജാഗ്രത അവസ്ഥ ഉണർന്നിരിക്കുന്ന അവസ്ഥ സ്വപ്നം കാണുന്ന അവസ്ഥ സുഖമായി ഉറങ്ങുന്ന അവസ്ഥ ഉറങ്ങി എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ ഉടനെ ആ കിടക്കയിൽ തന്നെ ഇരുന്നുകൊണ്ട് ഒരു ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആലോചിക്കാം ഒരമണിക്കൂർ മുമ്പ് ഞാൻ എവിടെയായിരുന്നു എങ്ങനെയായിരുന്നു അല്പമൊന്നു ആലോചിച്ചാൽ പിടികിട്ടും അവിടെ ശരീരവും ഇല്ല മനസ്സുമില്ല ഒന്നുമില്ലാത്ത ഒരു എന്തോ ഒരു സുഖം സുഖമായി ഉറങ്ങി ആ അവസ്ഥയിൽ വ്യക്തിബോധവുമില്ല ഞാൻ എന്ന് പറയണ ഈ വ്യക്തിബോധമില്ല അവിടെ പക്ഷെ സുഖമായിരുന്നു ുഷുപ്തി അവിടെയും യഥാർത്ഥ ഞാൻ ഉണ്ടായിരുന്നു പക്ഷെ ഈ അഹങ്കാരമാകുന്ന ഞാൻ ഇല്ല അപ്പോ സുഷുപ്തി സ്വപ്നം ജാഗ്രത് ഇതിലൊക്കെ സ്ഫുടതരായ സംവിദ് ഉജ്ജൃംബതെ സ്ഫുടമായി യാതൊരു സംവിത് സംവിന്ന് വച്ചാൽ പ്രജ്ഞപ്തി ഉജൃംഭതെ ഉജൃംഭണം ചെയ്യുന്നുവോ ഉജൃംഭണം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് പുറമേക്ക് വരുന്നു ഉജൃംഭതെ അതേ സംവിത് അതേ ആത്മാ തന്നെയാണ് ബ്രഹ്മാതി പിലികാന്തനുഷുപ്രോത ബ്രഹ്മാവ് മുതൽ ഒരമീപ വരെ ഉറുമ്പുവരെ സകല പ്രാണികളിലും ഓതപ്രോതമായി നിറഞ്ഞു നിൽക്കുന്നത് ജഗത്സാക്ഷിണി അതിനെ എങ്ങനെ കണ്ടെത്തും അതിനുള്ള സൂചനയാണ് ചലിക്കുന്നതിനെ ഒക്കെ മാറ്റി നിർത്തി പുറകോട്ട് പുറകോട്ട് പുറകോട്ട് പോവുക ചലിക്കുന്നതാണ് ജഗത്ത് ചലിക്കുന്നതൊക്കെ പ്രകൃതിയാണ് കർമ്മമാണ് ചലിക്കാത്ത വസ്തുവിനെ അന്വേഷിക്കാതെ നിശ്ചലമായിട്ട് അത്യന്തം നിശ്ചലമായിട്ടുള്ളതിനെ അന്വേഷിച്ച് പുറകോട്ട് പുറകോട്ട് പോവുക ശരീരം തൊട്ടു ശരീരം സദാ ചപലമാണ് അനങ്ങാതിരിക്കുന്നതായിട്ട് തോന്നിയാൽ പോലും അതിൽ ഓരോ കോശത്തിലും ചലനം നടന്നുകൊണ്ടേയിരിക്കുന്നു അപ്പം ശരീരം അതല്ല അതിനു പുറകിലുള്ള പ്രാണൻ പ്രാണൻ അകത്തേക്കും പുറത്തേക്കും ചലിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രാണനും അതല്ല അതിനു പുറകിൽ മനസ്സ് മനസ്സും ചിത്തവൃത്തികൾ പൊന്തിച്ചുകൊണ്ടേയിരിക്കുന്നു അതും അതല്ല അതൊക്കെ ജഗത്താണ് ജഗത്ത് എന്ന് വെച്ചാൽ ചലിക്കുന്നത് എന്നർത്ഥം ലോകം എന്നും അർത്ഥം അതിനും പുറകില് ബുദ്ധി ബുദ്ധിയും ചപലമാണ് വിചാരം ചെയ്യുന്നു ചലിക്കുന്നു വിവേകം ചെയ്യുന്നു അത് സുഷുപ്തി അവസ്ഥയിൽ കാണാനില്ല ഇപ്പ അതുമല്ല പിന്നെ അഹങ്കാരം അതായത് വ്യക്തിബോധം ഇപ്പൊ ഇരിക്കുന്ന ഈ ഞാൻ പല സ്വഭാവങ്ങളോടുകൂടി ഈ ഞാൻ ഈ ജ്ഞാനും പൊന്തുകയും അസ്തമിക്കുകയും ചെയ്യുന്നു പലപ്പോഴും നല്ല ഏറ്റവും നല്ല തെളിവ് ഏതാ നല്ല ഡീപ്പ് സ്ലീപ്പ് സുഷുപ്തിയില് ഈ ഞാൻ ഇല്ല ഈ വ്യക്തി ഇല്ല അപ്പൊ ഇയാളും പൊന്തുകയും അസ്തമിക്കുകയും ചെയ്യുമ്പോ ഇതുമല്ല പിന്നെ ഏതാ ഏതൊന്ന് സുഷുപ്തി അവസ്ഥയിലും ഉണ്ടോ അഹം പദാർത്ഥസ്തു അഹമാദി നിത്യം സുഷുപ്താവപി ഭാവദർശനാത് ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ മനോഹരമായിട്ട് അത്ഭുതമായിട്ട് സുവ്യക്തമായിട്ട് ഇതിനെ പറയുന്നു അഹം പദാർത്ഥസ്തു അഹമാദി സാക്ഷി അഹം പദത്തിന്റെ ഉണ്മയായ അർത്ഥം പൊരുൾ അഹങ്കാരത്തിനും സാക്ഷിയായിട്ട് നിൽക്കുന്നു എന്നാണ് അതെവിട ഉണ്ട് സുഷുപ്താവപി ഭാവദർശനാത് സുഷുപ്തിയിൽ ഈ അഹങ്കാരം ഇല്ലാത്തപ്പോഴും അതുണ്ടല്ലോ മരിച്ചൊന്നും പോയില്ലല്ലോ ഉണർന്നിരുന്ന ഞാൻ തന്നെയാണോ ഉറങ്ങിയത് സ്വപ്നം കണ്ട ഞാൻ തന്നെയാണോ ഉറക്കത്തിലും ഉറക്കത്തിലുള്ള ഞാൻ തന്നെയാണ് സ്വപ്നത്തിലും സുഷുപ്തിയിലും എല്ലാത്തിനും ഒരേ സാക്ഷി ഒരേ അധിഷ്ഠാനത്തിലാണ് നടക്കുന്നത് അപ്പൊ സുഷുപ്തിയിലും ഏതൊന്നുണ്ടോ ഉണ്ടായിരുന്നുവോ ആ അഹം പദാർത്ഥം അത് സർവസാക്ഷിയാണ് അത് മാത്രം ചലിക്കണില്ല അതിനെ കാണാൻ പറ്റില്ല അതെല്ലാറ്റിനെയും കാണുന്നു അതായിരിക്കലാണ് അതിനെ കാണൽ ആത്മസംസ്ഥിതിമദർശനം ഉപദേശസാരണത്തില് മഹർഷി പറയുന്നു എന്താ ആത്മദർശനം എന്ന് വെച്ചാൽ എന്താ ആത്മാവായി ഇരിക്കലാണ് ആത്മദർശനം അല്ലാതെ ഒരു ഒബ്ജക്ട് ആയിട്ട് ആത്മാവിനെ കാണാൻ സാധ്യമല്ല ആത്മാവായി ഇരിക്കലാണ് ആത്മദർശനം കണ്ണുക്ക് കണ്ണായി കൺഇൻ കാണുവത് എവർ പാർ അരുണാചല അക്ഷരമണമാലയിൽ മൂന്ന് പാട്ട് അടിപ്പിച്ചങ്ങനെ വരും ഭക്തിയുടെ പാട്ടാണ് മുഴുവ നൂറ്റിയെട്ട് പാട്ടുകളും പക്ഷെ അതിൽ ജ്ഞാനം സുവ്യക്തമായ ജ്ഞാനം അതില് അരുണാചലത്തിനോട് മഹർഷിയുടെ സംവാദമാണെല്ലാം അതിൽ പറയാണ് കണ്ണുക്ക് കണ്ണായി ഹരിനാമ കീർത്തനം പോലെ തന്നെ ഒരു പാട്ട് ഈ പുറമേക്കുള്ള കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ് അതിന് കണ്ണ് കണ്ണുക്ക് കണ്ണായി കണ് ഇൻ കാൺഉ അതിനെ കാണാൻ ഒരു കണ്ണില്ല അതെല്ലാറ്റിനെയും കാണുന്നു പ്രജ്ഞാനേത്രം എന്നുപനിഷത്ത് പറയുന്നു ആ പ്രജ്ഞാനേത്രമാണ് അതെല്ലാത്തിനെയും കാണുന്നു പ്രജ്ഞയാകുന്ന നേത്രം അതെല്ലാറ്റിനെയും കാണുന്നു അതിനെ കാണുവത് അതിനെ ആര് കാണും പാർഅരുണാചല അങ് തന്നെ ഇങ്ങോട്ടേക്ക് കാണണം എന്നാണ് അങ്ങ് തന്നെ കാണണം അതിനുശേഷമാണ് ഇന്നലെ പറഞ്ഞ രണ്ട് പാട്ട് താനേ താനേ തത്വം ഒക്കെ വരിക എല്ലാറ്റിനും സാക്ഷിയായി സർവസാക്ഷിയായി നിൽക്കുന്ന വസ്തു ആ സാക്ഷിയിലേക്ക് നമ്മൾ പതുക്കെ ഉള്ള യാത്രയാണ് വിചാരം അല്ലെങ്കിൽ ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പതുക്കെ ധ്യാനിക്കാനിരിക്കുമ്പോ ശരീരം ഞാനല്ല ഇതിനു പുറകിലുള്ള മനസ്സും ഞാനല്ല അതിനു പുറകിൽ വിവേചനം ചെയ്യുന്ന ബുദ്ധിയും ഞാനല്ല ഇങ്ങനെ സൂക്ഷ്മമായി സൂക്ഷ്മമായി സൂക്ഷ്മമായി ഇനി പോവാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലെത്തി നിശ്ചലമായി നിൽക്കും അതാണ് ജഗത്സാക്ഷിണി അത്യന്തശുദ്ധം എല്ലാത്തിനെയും ഒന്നിനെയും തൊടാതെ നിൽക്കും ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതിനെയൊക്കെ വിട്ടുപോയി തൊടാതെ നിൽക്കും അത്യന്തശുദ്ധം സൈവാഹം നച്ച ദൃശ്യവസ്തു ഈ ദൃശ്യമായ ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതൊക്കെ ദൃശ്യമാണ് കാണുന്ന പ്രപഞ്ചവും ദൃശ്യം സൂക്ഷ്മമായ അഹങ്കാരം മുതൽ സ്ഥൂലമായ ദേഹം വരെ എല്ലാം ദൃശ്യപദാർത്ഥങ്ങൾ ഈ ദൃശ്യം ഒന്നും തന്നെ ഞാനല്ല ഇതിനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃക്കാണ് ഞാൻ എന്നറിഞ്ഞാൽ നച്ച ദൃശ്യവസ്തു ഇതി ദൃഢപ്രജ്ഞ അപ്പി യശ്യാസ്തി ഇങ്ങനെയുള്ള ദൃഢമായ പ്രജ്ഞ ഉറപ്പ് അങ്ങനെയുള്ള ആളാണ് സ്ഥിതപ്രജ്ഞൻ ആർക്ക് ദൃഢപ്രജ്ഞയുണ്ടോ അവനാണ് സ്ഥിതപ്രജ്ഞൻ അവൻ ആ പ്രജ്ഞ വിട്ട് ചലിക്കണില്ല അത് തന്നെ നിർവികൽപസ്ഥിതി സഹജ നിർവികൽപം വ്യവഹാരത്തെ തലത്തിലും അത് മറന്നുപോകുന്നേയില്ല അങ്ങനെയുള്ള ദൃഢമായ പ്രജ്ഞ ആർക്കുണ്ടോ അവൻ ചാണ്ടാളോസ്തു സതുദ്വിജോസ്തു ഗുരുത്യേഷാം അനീഷാമമ്മ അങ്ങനെയുള്ള ഗുരുവിനെ വേണം അന്വേഷിക്കാൻ ഒരു പക്ഷെ അങ്ങനെയുള്ള ഗുരു ചണ്ടാളത്തെരുവിലേ കിട്ടുള്ളൂവെങ്കിൽ ചണ്ടാളത്തെരുവിലേക്ക് പോയിക്കൊള്ളുക ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു ഗുരു വളരെ ആചാരമുള്ള സ്ഥലങ്ങളിലാണ് കിട്ടുവെങ്കിൽ അവിടെ പോയിക്കൊള്ളുക പക്ഷെ ആ ഗുരുവാണ് മുഖ്യം അത് ചിലപ്പോ ആചാരശീലമായ സ്ഥലത്ത് കിട്ടിയില്ല ഒരു ചണ്ടാളത്തെരുവിലേ കിട്ടിയുള്ളൂ എങ്കിൽ അങ്ങോട്ട് പോയിക്കോളാം വസിഷ്ഠർ രാമനോട് പറയുന്നു വരം ശരാപഹസ്ത ചണ്ടാളാകാര വീതിഷു ഭിക്ഷാർത്ഥമ രാമൗർഖ്യഹതജീവിതം കയ്യിൽ ശരാവം എന്ന് വെച്ചാൽ ചട്ടി ഭിക്ഷാപാത്രവും മേന്തി ചണ്ടാളത്തെരുവിൽ പോയി ഭിക്ഷയെടുത്തിട്ടാണെങ്കിലും ജ്ഞാനം നേടാൻ കഴിയുമെങ്കിൽ അത് നല്ലതാണ് അജ്ഞാനിയായിട്ട് നല്ല സുഖമായി നല്ല എല്ലാ ബാക്കി സൗകര്യങ്ങളോടുകൂടെ ഇരിക്കുന്ന ആളുകളെക്കാളും ഭേദം ചണ്ടാളത്തെരുവിൽ ഭിക്ഷാപാത്രവും മേന്തി ചെന്നിട്ട് ജ്ഞാനം നേടാൻ കഴിയുമെങ്കിൽ അത് പിന്നെയും നല്ലതാണെന്നാണ് വരം ശരാവഹസ്ത ചണ്ടാളാകാരീധിഷു ഭിക്ഷാർത്ഥം അടനം രാമർഖ്യം മൂർഖത കൊണ്ട് ജീവിതം നശിപ്പിക്കരുത് എന്നാണ് അജ്ഞാനം കൊണ്ട് ജീവിതം നശിപ്പിക്കരുത് ഏറ്റവും വലിയ വിഷം ഈ അജ്ഞാനമാണ് അപ്പോ ഈ അജ്ഞാനത്തിനെ നീക്കാനായിക്കൊണ്ട് പരിശ്രമിക്കുക അതിന് ആരാണോ ഈ അവസ്ഥാത്രയങ്ങൾക്കും അപ്പുറമുള്ള ശുദ്ധപ്രജ്ഞയെ കണ്ടെത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള ആചാര്യനെ അന്വേഷിക്കൂ ആ രീതത്വം നമുക്ക് ബോധിപ്പിച്ച് നമ്മളെ തുരിയ വസ്തുവിൽ ശരീരവും മനസ്സും ബുദ്ധിയും ഒന്നും അല്ലാത്തതായ ശുദ്ധ ബോധത്തില് പ്രജ്ഞയിൽ കൊണ്ട് ഇരുത്തുമോ അങ്ങനെയുള്ള ആചാര്യനെ അന്വേഷിക്കൂ അത് ആദ്യത്തെ മഹാവാക്യത്തിന്റെ ലക്ഷണമാണ് ആദ്യത്തെ ശ്ലോകം രണ്ടാമത്തെ ശ്ലോകം യജുർവേദ മഹാവാക്യം അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള മഹാവാക്യം ഈ മഹാവാക്യമാണ് അനുഭൂതി മഹാവാക്യമാണ് അനുഭവമാണ് ആദ്യത്തത് ലക്ഷണമഹാവാക്യം ലക്ഷണമാണ് ഇത് അനുഭവമാണ് അനുഭൂതിയാണ് അനുഭവം ഉണ്ടാകുമ്പോ എങ്ങനെ അനുഭവം ഉണ്ടാവണു ബ്രഹ്മത്തിനെ നമ്മളുടെ ഉള്ളിൽ തന്നെ ഞാനായിട്ട് അനുഭവം ഉണ്ടാവണം ഭാഗവതത്തിൽ അവസാനം പരീക്ഷത്തിന് സുഖബ്രഹ്മ മഹർഷി ഉപദേശിച്ചു കൊടുത്തത് ഈ മഹാവാക്യമാണ് തക്ഷകൻ കടിക്കണവരെ കഥയൊക്കെ പറഞ്ഞു തക്ഷകൻ കടിക്കാൻ വരാനുള്ള സമയമായപ്പോ പറഞ്ഞു പരീക്ഷിത്തെ ഇനി കഥ പറയാനൊന്നും സമയമില്ല ത്വം തുജൻ മരിഷ്യേതി പശുബുദ്ധിമിമാം ജഹിതസ്വം പ്രാഗൂതോദ്യ ദേഹവത്വം ഇനി കഥ പറഞ്ഞുകൊണ്ടിരുന്നാ ശരിയാവില്ല അതുകൊണ്ട് രാജാവേ അങ്ങ് മരിക്കുമെന്നുള്ള ഈ അജ്ഞാനം ഉപേക്ഷിക്ക മരണം അങ്ങക്കില്ല കാരണം ജനിച്ചതിനു മരണമുണ്ട് അങ്ങ് ജനിച്ചിട്ട് തന്നെ ഇല്ലല്ലോ ഈ ശരീരമല്ലേ ജനിച്ചത് ശരീരം മരിച്ചോട്ടെ അങ് ഈ ദേഹമല്ല പിന്നെയോ അഹം ബ്രഹ്മപരം ധാമ ബ്രഹ്മാഹം പരമമ്പതം ഏവം സമീക്ഷന് ആത്മാനം ആത്മനി ആദായ നിഷ്കലേ ദശന്തം തക്ഷകം പാതേ ലേലിഹാനം വിഷാനനൈഹി നദ്രക്ഷ ശരീരം ച വിശ്വം ചൃഥകാത്മനഃ ഇതാണ് പരീക്ഷത്തിനുള്ള ഉപദേശം അഹം ബ്രഹ്മ പരംധാമ ഞാൻ ബ്രഹ്മമാണ് ബ്രഹ്മമെന്താ പരം ധാമ പരമം പദം പരമമായ പദമാണ് എന്നുവെച്ചാലോ ഇനി അങ്ങോട്ട് പോവാനില്ല എന്നുള്ള അവസ്ഥയാണ് പരംധാമ ഇനി എങ്ങോട്ടും അനങ്ങാനില്ല ്രഹ്മാഹം ഏതൊരു ബ്രഹ്മത്തിനെ ഉപനിഷത്തുകളൊക്കെ പറയുന്നു പരമലക്ഷ്യമായിട്ട് ഈശ്വരനായിട്ട് പറയുന്നുവോ ആ ഈശ്വരൻ തന്നെ ഇവിടെ എന്നിൽ അന്തരാത്മാവായി എന്നിൽ ഞാനായിട്ട് പ്രകാശിക്കുന്നു ഇങ്ങനെ നല്ലവണ്ണം തെളിഞ്ഞു കണ്ടു കണ്ടാലോ തക്ഷകനും അത് തന്നെ തക്ഷകൻ കടിച്ചിട്ട് ഏർപ്പെടുന്ന വിഷവും അത് തന്നെ അതുകൊണ്ടുണ്ടാവുന്ന വേദനയും അത് തന്നെ ഈ കാണപ്പെടുന്ന വിശ്വവും അത് തന്നെ ഈ ആത്മാവിൽ നിന്ന് അന്യമായി വിശ്വമോ തക്ഷകനോ തക്ഷക ദംശമോ ദംശ അനുഭവമോ വേദനയോ ഒന്നുമില്ല അപ്പോ ഇത് അനുഭവ മഹാവാക്യം ഈ അനുഭവ മഹാവാക്യമാണ് അടുത്ത ശ്ലോകത്തില് ആചാര്യസ്വാമികൾ പറയുന്നത് ആദ്യത്തെ ശ്ലോകം ജാഗ്രത് സ്വപ്ന സുഷുപ്തി സുസ്ഫുടരാ സംവിദുജംബതേ യാ ബ്രഹ്മാതി പിലിക്കാതുഷു പ്രോതാ ജഗത്സാക്ഷിണി ശൈവാഹം നൃശ്യവസ്തുപ്രസ്തി ചേ അതിൽ ദൃഢപ്രജ്ഞ എന്നൊരു വാക്കു വന്നു ആ മഹാവാക്യത്തിന്റെ സൂചന പ്രജ്ഞാനം ബ്രഹ്മ പ്രജ്ഞാനമാണ് ബ്രഹ്മത്തിന്റെ ലക്ഷണം എന്നത് ദൃഢപ്രജ്ഞാ യസ്തി ചേത് ചാണ്ടാളോസ്തു സദുദ്വജോസ്തു ഗുരുത്യേഷാമനീഷ മമ രണ്ടാമത്തെ മഹാവാക്യം ബ്രഹ്മവാഹമിതം ജഗച്ച സകലം ചിന്മാത്ര വിസ്തരിതൈതാ അവിദ്യയാ ത്രിഗുണയാൽപ്പതം ഇത്ത ദൃഢാമതിരെ നിത്യേ പരേ നിർമ്മേ ചണ്ടാളോസ്തു സു ദ്ജോസ്തു ഗുരുത്യേഷ മനീഷ മഹമ ബ്രഹ്മേ ഹം ഇതം ജഗച്ച സകലം മഹാവാക്യം അങ്ങനി അഹം ബ്രഹ്മ ബ്രഹ്മ അഹം ഇത് രണ്ടും പരീക്ഷത്തിന് ഉപദേശിക്കുമ്പോഴും ഇത് രണ്ടും കാണാം ബ്രഹ്മ അഹം ബ്രഹ്മ പരം ദാമ ബ്രഹ്മാഹം പരമം പദം അങ്ങടും ഇങ്ങടും തിരിച്ചു പറഞ്ഞു എന്താ ഉറപ്പിക്കുന്നത് എന്റെ ഉള്ളിൽ ഏതൊന്ന് സുവ്യക്തമായി അനുഭൂതി മണ്ഡലത്തിലുണ്ടോ അത് ബ്രഹ്മം ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ ആചാര്യസ്വാമികൾ ഇതിനെ വ്യക്തമായി വേറെയൊരു വിധത്തിൽ പറഞ്ഞു ബാല്യം കൌമാരം യൗവനം വാർദ്ധക്യം ബാല്യാദിഷ്വി ജാഗ്രതാദിഷു ജാഗ്രസ്വപ്നം സുഷുപ്തി ഈ അവസ്ഥകളിലൊക്കെ അഹം സദാ എന്ന് ഏതൊന്ന് സദാ എപ്പോഴും സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്നു അത് തന്നെ ദക്ഷിണാമൂർത്തി എന്നാണ് സ്വാത്മാനം പ്രകടീകരോതി ഭജതാം യോ ഭദ്രയാ മുദ്രയാ തെളിഞ്ഞ മുദ്രയോടുകൂടെ ഉള്ളിലെ തന്നെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ദക്ഷിണാമൂർത്തി ആത്മാവായിട്ട് എല്ലാവരുടെയും അന്തരാത്മാവായിട്ട് അപ്പോ അതിനെ ഒന്നുകൂടെ തെളിച്ച ആചാര്യസ്വാമികൾ പറയാണ് ഏതൊരു ബ്രഹ്മമുണ്ടോ ജാഗ്രത് സ്വപ്ന സുഷുപ്തിക്ക് സാക്ഷിയായിട്ട് ആ ബ്രഹ്മമാണ് ഞാൻ ബ്രഹ്മ വിവാഹം അപ്പൊ ഇതോ ഈ കാണുന്ന പ്രപഞ്ചമോ ഇതം ജഗച്ച സകലം ഈ ജഗത്ത് മുഴുവനും അത് ഈ കാണുന്ന നമ്മളുടെ അനുഭൂതി മണ്ഡലം രണ്ടായിട്ട് പെരിയുന്നു ഉറങ്ങി എഴുന്നേൽക്കുമ്പോ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ആദ്യത്തെ അനുഭവം ഞാൻ അല്ലേ ഉറക്കം വിട്ട് എഴുന്നേൽക്കുമ്പോ ഞാൻ എന്ന വ്യക്തിബോധം പിന്നെയാണ് എവിടെയാണ് കിടക്കുന്നത് എന്നൊക്കെ ഒന്നും ഓർമ്മ വരിക ശരീരമൊക്കെ ഓർമ്മ വരും പിന്നെ കിടക്കുന്ന സ്ഥലമൊക്കെ കാണും ഇതം അതിന് പേരാണ് ഇതം ഞാനും ഇതും ഞാൻ എന്നൊന്നു ഇത് എന്നൊന്ന് ഇത് രണ്ടെണ്ണമായിട്ട് പിരിഞ്ഞ് പൊന്തും അഹംഇതം ഇത് രണ്ടും എവിടുന്നു പൊന്തി രണ്ടും ഒരേ സമയത്ത് പൊന്തി ഒരേ സമയത്ത് അസ്തമിക്കും ഉറങ്ങുന്ന സമയത്ത് രണ്ടും ഒന്നിച്ചു പോകും ഉണരുന്ന സമയത്ത് രണ്ടും ഒന്നിച്ച് ഇതം അഹം പദാഭിക്യം അന്വഹം ഇത് രണ്ടും ഒരേ സമയത്ത് പൊന്തി ഒരേ സമയത്ത് അസ്തമിക്കും ഇത് രണ്ടും ബ്രഹ്മം തന്നെയാണ് ്രഹ്മത്തിൽ നിന്നും ഒരു കാരണവും കൂടാതെ അനിർവചനീയമായ മായ മായാശക്തിയാൽ പൊന്തി കാണപ്പെടുന്നു ബ്രഹ്മ വിവാഹമിതം ജഗച്ച സകലം ഈ മുഴുവൻ ബ്രഹ്മസ്വരൂപം തന്നെ ചിന്മാത്ര വിസ്താരിതം ഇവിടെ ചിത്ത് മാത്രമേ ഉള്ളൂ ചിത്ത് ചൈതന്യം ചൈതന്യം തന്നെയാണ് ഇവിടെ പ്രപഞ്ചാകാരത്തിൽ കാണപ്പെടുന്നത് ഓരോന്നിനെയും അന്വേഷിച്ചു പോയാൽ അവസാനം ചൈതന്യത്തിൽ അവസാനിക്കും ഇപ്പൊതാ ഒരു ടേബിൾ ഒരു കട്ടിലിന്റെ മേലെ ഇരിക്കുന്നു ഇപ്പൊ ഇതിനെ കട്ടില് എന്ന് പറയുന്നു കുറച്ച് ദിവസം മുമ്പ് ഇത് എന്തോ ഒരു മരമായിട്ടോ ഒരു തേക്കു മറ്റോ നിന്നിരുന്നു എവിടെയോ വേപ്പായിട്ടോ തേക്കായിട്ടോ എവിടെയോ നിന്നിരുന്നു അപ്പൊ അതിനെ ആരും കട്ടില് എന്ന് വിളിക്കില്ല അപ്പൊ അതിനെ വിളിക്കുന്നത് വേപ്പ് എന്ന് വിളിക്കുന്നു വേപ്പ എന്നുള്ളത് നമ്മൾ കൊടുത്ത പേരാണ് വേപ്പിനൊന്നും അറിയില്ല അതിന്റെ പേര് വേപ്പാണെന്ന് അത് നമ്മൾ വെറുതെ ഒരു പേര് കൊടുത്തു അത്രേ ഉള്ളൂ അതിനാ പേരുമായിട്ട് ആ വസ്തുവായിട്ട് ഒരു ബന്ധമല്ല ആ വേപ്പെന്ന് പറയുന്നത് എന്താ ഒന്നുകൂടെ ആരാഞ്ഞു നോക്കി അകത്ത് ചെന്നാൽ എന്തോണ്ടാവും മണ്ണ് അത്രയേ ഉള്ളൂ മൃത്തികേത്തേവ സത്യം മണ്ണിന്റെ ഒരു രൂപമാണ് വേപ്പ് മണ്ണിലെ മുളച്ചു പൊന്തിയ മണ്ണിന്റെ തന്നെ ഒരു രൂപമാണ് വേപ്പ് നമ്മളുടെ ശരീരവും അത് തന്നെ ഒന്നുകൂടെ അകത്തേക്ക് ചെന്നാലോ മണ്ണും അവിടെ ഇല്ല ശുദ്ധമായ പ്രജ്ഞ ഇന്ന് സയൻസ് ഇലക്ട്രോൺ പ്രോട്ടോൺ എന്നൊക്കെ പറയും ഒന്നുകൂടെ അല്പം അങ്ങോട്ട് ചെന്നാൽ അവിടെ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒന്നുമില്ല ശുദ്ധമായ പ്രജ്ഞ ബോധം ചൈതന്യം ഇങ്ങനെ അന്വേഷി ഇങ്ങനെ അന്വേഷിച്ചു നോക്കുമ്പോൾ പ്രപഞ്ചമായിട്ട് കാണുന്നത് എന്താ ആരായുകിൽ തിരകൾ നീരായിടുന്നു പണി നാരായിടുന്നു കുടവും പാരായിടുന്നു ആരാഞ്ഞു നോക്കുമ്പോ തിരകൾ എന്താണ് എന്ന് ആരാഞ്ഞു നോക്കുമ്പോ ജലം സമുദ്രവും ജലം തിരകളും ജലം ആരായുകിൽ തിരകൾ നീരായിടുന്നു ഭണി നാരായിടുന്നു പാമ്പ് തോന്നി ലൈറ്റ് അടിച്ചു നോക്കുമ്പോ കയറ് പണി നാരായിടുന്നു കുടവും പാരായിടുന്നു കുടം കുടം എന്ന് നമ്മൾ വിചാരിച്ചത് വെറും മണ്ണ് അതുപോലെ പ്രപഞ്ചം എന്ത് എന്ന് ആരാഞ്ഞു നോക്കുമ്പോ ഇവിടെ ഒരേ ഒരു പരമേശ്വര സ്വരൂപമല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല പ്രപഞ്ചരൂപത്തില് പരമേശ്വരൻ തന്നെ ആ ഭഗവാൻ തന്നെ പരിണമിച്ച് കാണപ്പെടുകയാണ് ഉം വിഷ്ണുപുരാണത്തില് പഞ്ചമസ്കന്ധത്തില് ഈ നരകവർണ്ണന നക്ഷത്രങ്ങള് ജ്യോതിഷ്ചക്രം ഇതൊക്കെ വർണ്ണിച്ചിട്ട് പരാശരണം അവസാനം പറഞ്ഞു ഈ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് ഇവിടെ നക്ഷത്രവുമില്ല ജ്യോതിഷചക്രങ്ങളുമില്ല ഇവിടെ ഗ്രഹങ്ങളുമില്ല ഭൂമിയുമില്ല നരകവും ഇല്ല ഈ രൂപത്തിൽ വിഷ്ണു ഭഗവാൻ വിസ്തരിച്ചു നിൽക്കുന്നു ജ്യോതിംഷി വിഷ്ണുഹു ഭുവനാനി വിഷ്ണുഹു നദീംശ വിഷ്ണുഹു എല്ലാം വിഷ്ണുവാണ് ഇവിടെ വിഷ്ണു അല്ലാതെ സയേവ സർവം പരമാർത്ഥഭൂതാണ് ആ വിഷ്ണു തന്നെയാണ് ഇവിടെ എല്ലാമായിട്ട് നിൽക്കുന്നത് അപ്പൊ ആ വിഷ്ണു ആരാണ് ജ്ഞാനസ്വരൂപോ ഭഗവാൻ യഥോസൗ അശേഷമൂർത്തി നതുവസ്തുഭൂത ജ്ഞാനമേ സ്വരൂപമായിട്ടുള്ളവനാണ് ആ ഭഗവാൻ അല്ലാതെ ഒരു പ്രത്യേക രൂപത്തിൽ മാത്രമല്ല നതുവസ്തുഭൂത എന്നാണ് എല്ലാം എല്ലാം എല്ലാമായി പ്രജ്ഞയായി ചിത് സ്വരൂപമായി സർവത്ര വിസ്തരിച്ചു നിൽക്കുന്നു ഒരേ ഭഗവാൻ അതാണ് ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണുഹു വിഷ്ണുരാകാശമുച്ചതേ സ്ഥാവരം ജംഗമം വിഷ്ണു സർവം വിഷ്ണു മയും ജഗത് നമുക്ക് സാധനയ്ക്ക് ഇത് രണ്ടും വേണം ആദ്യം ഉള്ളില് ഹൃദയസ്ഥാനത്തില് ഈശ്വരനെ കണ്ടെത്തണം അതിന് വിചാരം കൊണ്ട് നേരെ ഹൃദയത്തിൽ ചെല്ലണം അവിടെ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ പുറമേക്ക് നോക്കുന്നതൊക്കെ ആ പ്രകാശം കൊണ്ട് നിറയ്ക്കണം ഇത് രണ്ടും കൂടെ മനസ്സ് ധ്യാനിക്കുമ്പോ മാത്രമല്ല വ്യവഹരിക്കുമ്പോഴേയും ചലിക്കില്ല ബ്രഹ്മവാഹം ഇതം ജഗച്ച സകലം ചിന്മാത്ര വിസ്താരിതം അപ്പൊ അതല്ലാതെയാണല്ലോ എനിക്ക് തോന്നണത് എല്ലാം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നണില്ലല്ലോ എനിക്ക് തോന്നണത് എന്താ ഭാര്യ ഭർത്താവ് ഭാര്യ ഭർത്താവ് എന്ന് തോന്നിയാലും പോട്ടെ ഇതെനിക്ക് വളരെ ഇഷ്ടമായി ഇയാളെ എനിക്ക് കണ്ടാലേ സഹിക്കവയ്യ രാഗദ്വേഷം ബ്രഹ്മജഗത്തിന് ബ്രഹ്മഭാവം തോന്നാൻ തടസ്സമായ ബ്രഹ്മഭാവം എന്ന് ഞാൻ പറയുമ്പോ അതിന് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് അത് ഒരുവിധത്തിലും നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നില്ലെങ്കിൽ അവിടെ ബ്രഹ്മഭാവം ഉണ്ടായി ശാന്തി പ്രകൃതിയിലിപ്പോ ഉള്ള സാധാരണവുള്ള പഞ്ചഭൂതങ്ങൾ അതിനാണ് നമ്മളിപ്പോ തീർത്ഥയാത്രയൊക്കെ ചെയ്ത് മെനക്കെട്ട് ഗംഗയും ഹിമാലയവും ഒക്കെ കണ്ടിട്ട് വരുന്നത് ഹിമാലയവും ഗംഗയും ഒക്കെ കാണുമ്പോൾ കുറച്ച് ചിത്തശുദ്ധിയുണ്ടെങ്കിൽ നമുക്ക് രാഗദ്വേഷം ഒന്നും ഉണ്ടാവല്ലേ അത് കാണുമ്പോഴൊക്കെ തന്നെ ദിവ്യത്വം തോന്നും അതാണ് വിഭൂതിയെ ആശ്രയിക്കേണ്ടി വരുന്നത് നമുക്കിപ്പോ എന്താന്ന് വെച്ചാൽ അവിടെയൊക്കെ പഞ്ചഭൂതങ്ങൾ ശുദ്ധമായി കാണുമ്പോ അതൊക്കെ പരമാത്മാവാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും എളുപ്പത്തില് എന്താന്ന് വെച്ചാൽ അതിൽ പ്രത്യേകിച്ച് പ്രതിപത്തി ഒന്നും നമുക്ക് ഉണ്ടാവണില്ല മാത്രമല്ല അതിനെ കാണുമ്പോൾ ഉള്ളിൽ ശാന്തി ആനന്ദം ഉണ്ടാവണം അപ്പൊ അതിൽ ബ്രഹ്മത്തിനെ കാണാൻ പറ്റും പക്ഷെ അതേസമയം നാട്ടിലേക്ക് വന്നിട്ട് അടുത്ത വീട്ടുകാരനെ കണ്ടാൽ നമ്മുടെ നാട്ടുകാരെ കണ്ടാൽ അവിടെ പറ്റണില്ല വിഷമം തോന്നും അല്ലെ എന്താന്ന് വെച്ചാൽ അവരുടെ സ്വഭാവമൊക്കെ നമുക്കറിയാം അവരെങ്ങനെയൊക്കെ പെരുമാറുന്നറിയാം അതൊക്കെ നമ്മളുടെ മുമ്പിൽ വരും അപ്പോ അവിടെ ബ്രഹ്മം എന്ന് കാണണം എന്ന് പറയുമ്പോ പരമാത്മാ എന്നൊക്കെ പറയുമ്പോ അയ്യം അതാണ് യേശു ക്രിസ്തു തന്റെ അയൽക്കാരനെ തന്നെ പോലെ സ്നേഹിക്കാന്ന് പറയാൻ കാരണം അതാത്രേ എന്താന്ന് വെച്ചാൽ ഇയാളോട് പറഞ്ഞു എല്ലാരെയും തന്നെ പോലെ സ്നേഹിക്കുക അയാൾ പറഞ്ഞു എല്ലാരെയും ആവാം പക്ഷെ ഈ അടുത്ത വീട്ടുകാരനെ മാത്രം പറയരുതെന്നു എന്താ അയാളെക്കുറിച്ച് എനിക്കറിയാം അതാണോ കുഴപ്പം അപ്പൊ എന്തു വേണം രാമകൃഷ്ണപരമെരി പറയണ പോലെ അകന്ന് നിന്നുകൊണ്ട് കണ്ടോള എല്ലാ നാരായണനാണ് പക്ഷെ പുലി നാരായണനെ ദൂരത്തുനിന്ന് നമസ്കരിച്ചോളെന്ന് പറയ ദൂരത്തുനിന്ന് നമസ്കരിച്ചോളാം എന്തിനാ അതും നാരായണനാണെന്നുള്ള ദർശനം നമുക്ക് ഉണ്ടാവണം പക്ഷെ തൽക്കാലം പറ്റില്ല എന്താ നമുക്ക് അയാളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ ഉള്ളില് നീ അതിപ്പൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല അപ്പൊ അതിനോട് ഉപേക്ഷാഭാവം അപ്പൊ അതൊക്കെ ദൂരത്ത് നിന്നുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നാൻ കാരണം അശേഷം മയാ കൽപ്പിതം ഇത് എന്നാൽ കൽപ്പിക്കപ്പെട്ടതാണ് ഉം തിരുമൂലർ ഒരു സിദ്ധർ ഒരു പാട്ടിൽ പറയുന്നുണ്ട് ശിവവാക്യം കാലിന്റെ ഒരു ശിവലിംഗ് ഒരു ശിവ എടുത്ത് വെച്ചിട്ട് ശിവലിംഗമായിട്ട് പൂജിക്കണു അല്ലെങ്കിൽ ഒരു വിഗ്രഹവുമായിട്ട് ആരാധിക്കണു ആ വിഗ്രഹം അതേ കല്ലിന്റെ ഒരു പകുതി ഭാഗം കാലിന്റെ ചുവട്ട് കിടക്കണ്ടത്രേ പക്ഷെ അവിടെ ആ ഭാവം തോന്നണില്ല ഇവിടെ ഭാവം തോന്നുന്നു രണ്ടു ഒന്ന് തന്നെ ഏത് കല്ല് അപ്പൊ എന്തു പറ്റി ഒന്നില് ഭാവം ഉണ്ടാക്കി ഒന്നിലും ഭാവമില്ല ഒരേ കല്ലിന്റെ ഒരംശം അവിടെ വിഗ്രഹമായിട്ടിരുന്നു ബാക്കി പകുതി അംശം കാൽ ചവിട്ട് കിടക്കണോ അപ്പൊ ജഗത്തില് സർവ വസ്തുക്കളിലും സർവവസ്തുക്കളും ഈ പരമാത്മ പ്രകാശം തന്നെയാണെന്ന് കാണാൻ തടസ്സമെന്താ നമ്മളുടെ ഉള്ളിലുള്ള ത്രിഗുണഭാവം സത്വം രജസ തമസ് അല്ലെ അപ്പൊ അശേഷം മയാകൽപ്പിത്തം ത്രിഗുണയാ അശേഷം മയാകൽപ്പിത്തം ത്രിഗുണങ്ങള് ചിത്തത്തിൽ കടന്നുകൂടി ഇഴുകി കാണാൻ സമ്മതിക്കണില്ലയാണ് അപ്പൊ ഇപ്പൊ എന്തുവേണം ത്രിഗുണങ്ങളെ നീക്കാൻ എന്താ വഴി ബ്രഹ്മധ്യാനമേ വഴിയുള്ളൂ അല്ലാതെ ത്രിഗുണങ്ങളോട് ചണ്ട കൂടി നീക്കാൻ പറ്റില്ല വീണ്ടും വീണ്ടും ഈ ത്രിഗുണങ്ങളെയൊക്കെ കടന്നുപോയി ഞാൻ എന്നുള്ള ശുദ്ധ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം ഉള്ളില് വാസുദേവനെ കണ്ടാലേ വാസുദേവ സർവം എന്ന് പുറത്ത് കാണാൻ പറ്റുള്ളൂ അല്ലാതെ ആദ്യമേ പുറത്ത് കാണാൻ പുറപ്പെട്ടാ നടക്കില്ല ഇറ്റ് ബി ഓൺലി എ കോൺസെപ്റ്റ് തന്നിലറിയണം ഞാനുണ്ട് എന്നുള്ള ആ അനുഭവ മണ്ഡലത്തിൽ പരമാത്മാവനെ കാണണം നമ്മുടെ മഹർഷിയോട് ചോദിച്ചു ഭഗവത്ഗീതയില് ഭഗവാൻ വാസുദേവ സർവം എന്നുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ അതല്ലേ ഏറ്റവും ഉയർന്ന അവസ്ഥ എന്ന് ചോദിച്ചു മഹർഷി പറഞ്ഞു ആദ്യം ഒന്നും എന്ന് പറയില്ല ആദ്യം പറഞ്ഞു അതേ അത് തന്നെ പക്ഷേ വാസുദേവ സർവം എന്ന് കാണണമെങ്കിൽ ഈ കാണുന്നവനാരാ കാണുന്നവൻ മാത്രം വാസുദേവനെ നിന്ന് വേറെയോ ഈ കാണുന്നവൻ തന്നെ ആരാഞ്ഞ് തന്റെ ഉള്ളിൽ തന്നിൽ വാസുദേവനെ കണ്ടാലേ ജഗത്ത് വാസുദേവമയമായിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പൊ ഇതൊക്കെ ബ്രഹ്മമാണ് വാസുദേവനാണെന്ന് വാക്കുകൊണ്ട് പറയല്ല ഇറ്റ് വിൽ ബി എ വിഷൻ ദർശനമായിരിക്കും അനുഭവമായിരിക്കും അനിർവചനീയമായ അതെങ്ങനെ എന്ന് പറയാമയ്യ ജനകന് സാക്ഷാത്കാരമുണ്ടായപ്പോ ജനകൻ പറയുന്നു കുതശ്ചിത് കൗശലാദവ പരമാത്മാവിലോക്യത എങ്ങനെയോ പരമാത്മാവിനെ കാണപ്പെടുന്നു അപ്പോ ബ്രഹ്മവാഹം ജഗച്ച സകലം ചിന്മാത്ര വിസ്തരിതം സർവൈതവിദ്യയാത്രണയാ അശേഷം മയാ കൽപ്പം ഇത്തം യൃഢാമതിസുഖതേ ചാളോസ്തു സതുദ്വിജോസ്തു ഗുരുത്യേഷം യാമതി ഇങ്ങനെ ദൃഢമായ ബുദ്ധി ആർക്കൊണ്ടോ എന്ത് ദൃഢമായ ബുദ്ധി ഞാൻ ബ്രഹ്മമാണ് ഇതം സർവം ബ്രഹ്മിവ സർവം ഖലു ഇതം ബ്രഹ്മ എന്നുള്ള ബുദ്ധി ആർക്കൊണ്ടോ അയാൾക്ക് വേറെ ഒന്നും കൂടെ ഉണ്ട് എന്താ ബ്രഹ്മമല്ലാതെ ഞാൻ എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ കൽപ്പനയാണ് അശേഷം മയാകൽപ്പിതം ഭ്രമമാണ് ഒരേ ഒരു വസ്തുവേ ഉള്ളൂ ഏകമേവ അദ്വിതീയം നാനാത്വം കാണപ്പെടുന്നതൊക്കെ ഭ്രമമാണ് എന്ന് നല്ല ഉറപ്പുണ്ട് അദ്ദേഹത്തിന് ആ ഉറപ്പോടുകൂടെ ആര് ജീവിക്കുന്നുവോ അവൻ ചണ്ടാളനാവട്ടെ ബ്രാഹ്മണനാവട്ടെ എനിക്ക് ഗുരുവാണ് ബ്രഹ്മവാഹം ഇതം ജഗച്ച സകലം ചിന്മാത്ര വിസ്തരിതം ചൈതൃയാ അശേഷം മയാ ക ഇതിസുഖരേ എവിടെയാ ദൃഢാമതി സുഖധരെ നിത്യേ പരേ നിർമ്മലേ ബ്രഹ്മത്തിന് വിശേഷണം കൊടുത്തു സുഖതരേ സുഖമേ സ്വരൂപമായിട്ടുള്ള ആത്മാവിൽ അത് പരേ പരേന്ന് വെച്ചാൽ മനസ്സിനെ അപ്പുറം നിൽക്കുന്നത് നിത്യേ നിത്യമായിട്ടുള്ളത് നിർമ്മലേ അതിൽ ഒരു കളങ്കവും സ്പർശിക്കുന്നില്ല നിത്യേ പരേ നിർമ്മലേ ചണ്ടാളോസ്തു സതുദ്വിജോസ്തു ഗുരുത്യേഷാമനീഷാ മങ്ങനെയുള്ള ആള് എനിക്ക് ഗുരുവാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് അനുഭവവാക്യമാണെന്ന് പറഞ്ഞു നമ്മുടെ മഹർഷി അവരുടെ അടുത്ത് പറയുന്നു അഹം എന്നുള്ളത് തന്നെ മുക്തിയുടെ മറ്റൊരു പേരാണ് അനദർ നെയ്മോർ മുക്തി എന്നാണ് എന്താന്ന് വെച്ചാൽ മുക്തി എന്നുള്ളത് നമുക്ക് ഇവിടെ സിദ്ധിച്ചിരിക്കണു എന്നർത്ഥം പക്ഷെ അതറിയണം ലഭിച്ചിരിക്കണം എല്ലാവരുടെ ഉള്ളിലും കിട്ടിയിരിക്കുന്നു കിട്ടിയിരിക്കുന്നത് എങ്ങനെ സിദ്ധിച്ചിരിക്കുന്നു ആത്മാവായിട്ട് അതാണ് പ്രഹ്ലാദൻ ഭാഗവതത്തിൽ പറയണു അസുരക്കുട്ടികളോട് അസുരക്കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു അച്യുതനെ എന്തിനായി തെരഞ്ഞു കഷ്ടപ്പെടുന്നത് ആത്മത്വാദിഹ ഭൂതാനാം സിദ്ധത്വാദിഹ സർവത ആത്മാവായത് കൊണ്ടും സിദ്ധമായിട്ടുള്ളത് കൊണ്ടും കിട്ടിയിരിക്കുന്നത് കൊണ്ടും എവിടെ തരയാണ് അപ്പൊ കിട്ടിയിട്ടുണ്ട് എന്ന് എങ്ങനെ അറിയും കിട്ടിയിട്ടുണ്ട് എന്ന് എങ്ങനെ അറിയും എന്ന് ചോദിച്ചപ്പൊ ഉറക്കത്തിലാണ് ഈ ചോദ്യം അതാണ് ആ ഉറക്കത്ത് നിന്ന് എഴുന്നേക്കണം ഗുരു പറയണത് അപ്പടി വിശ്വസിക്കണം അത്രേ ഉള്ളൂ എന്നാണ് പ്രഹ്ലാദനോട് അവസുര കുട്ടികൾ ചോദിച്ചു തനിക്കെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു ഇത്ര എളുപ്പത്തില് ഈ ചെറുപ്പത്തില് കുട്ടിക്കാലത്ത് ഇതെങ്ങനെ കിട്ടി കുട്ടിക്കാലത്തല്ല ഗർഭത്തിലിരിക്കുമ്പഴേ ഗ്രഹണാഥം പറഞ്ഞു ഞാനും ഒന്നും ചെയ്തില്ല ഒരു സാധനയും ചെയ്തില്ലേ നാരദ മഹർഷി പറഞ്ഞു അതങ്ങനെ എടുത്തു അത്രയേ ഉള്ളൂ ശരിക്കു പറഞ്ഞാൽ ജ്ഞാനത്തിന് ഇതൊരൊറ്റ വഴിയേ ഉള്ളൂ ചിലർ പറയൂ ഇത് മനസ്സിലാക്കാൻ കുറച്ച് വിഷമമാണെന്ന് മനസ്സിലാക്കാൻ വിഷമമൊന്നുമില്ല ഒന്നിൽ നിങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടില്ല അത്രയുള്ളൂ രണ്ടിനും നടുവിലുള്ള ഒരു സ്റ്റേജില്ല രണ്ടിനും നടുവിലൊരു സ്റ്റേജ് ഇല്ല വേദാന്തത്തിൽ മനസ്സിലാക്കിയാൽ ഇങ്ങനെ കൈഞ്ഞൊടുക്കുന്ന വേഗത്തിലും മനസ്സിലാക്കും ഇത് ലോകത്തിലുള്ള കാര്യങ്ങളൊക്കെ ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കണ പോലെ ഇത് പഠിക്കാൻ പറ്റില്ല ഒന്നിൽ കൈഞ്ഞൊടുക്കുന്ന വേഗത്തിൽ നിങ്ങൾക്ക് പിടികിട്ടി അല്ലെങ്കിലോ പിടികിട്ടിട്ടില്ല ഒട്ടും അല്ലാതെ കുറച്ച് മനസ്സിലായി എന്നൊരവസ്ഥ ഈ കാര്യത്തിലില്ല പഞ്ചസാര കഴിക്കുന്നത് എനിക്ക് കുറച്ച് മധുരം മനസ്സിലായി എന്ന് പറയാൻ പറ്റോ ഒന്നില് പഞ്ചസാരയുടെ മധുരം എന്താന്ന് മനസ്സിലായി അല്ലെങ്കിൽ മനസ്സിലായില്ല അത്രയേ ഉള്ളൂ രണ്ടു കാര്യമേ ഉള്ളൂ അതിന് രണ്ടിനും നടുവിലെ ഒരവസ്ഥയില്ല അതേപോലെ ഈ വിദ്യയും അതാണ് അതാണ് വീണ്ടും വീണ്ടും വീണ്ടും അതേ പാടിയ പാട്ട് തന്നെ പാടിക്കൊണ്ടിരിക്കണത് ഇത് പിടികിട്ടിയാൽ പിടികിട്ടി കൈഞ്ഞൊടുക്കുന്ന വേഗത്തിൽ പിടികിട്ടി അതാണ് ശ്രവണം ഒരു മാർഗമേ ഉള്ളൂ എന്ന് പറയണത് ശുശ്രൂഷിഭിസ്തക്ഷണാത് കേൾക്കണ ക്ഷണം മുതൽ തന്നെ അനുഭൂതിയാണ് പിന്നെ ഓരോരിക്കെ കേൾക്കുമ്പോഴും അനുഭൂതി ഓരോരിക്കുമ്പോഴും ആ അനുഭവത്തിൽ ചെന്ന് ഒന്ന് മുങ്ങിയിട്ട് വരും അല്ലാതെ നമ്മളുടെ സാമർഥ്യം വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല സാമർഥ്യമല്ല ഇവിടെ കൃപയാണ് കൃപയാണ് കൃപ കൊണ്ടാണ് ഈ അനുഭവം ഉണ്ടാവണത് കൃപ കൊണ്ടാണ് മനസ്സിലാക്കുന്നത് പറയുന്ന ആള് കേൾക്കണ ആള് എന്നുള്ള ഭേദമൊക്കെ പോകുന്ന സ്ഥിതിയാണ് കൃപ ഹൃദയത്തിന്ന് ഹൃദയത്തിലേക്ക് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ അങ്ങനെ വേണോ ഇത് പിടിച്ചെടുക്കാൻ ഈ വിദ്യയ അങ്ങനെ പിടിച്ചെടുക്കുകയാണെങ്കിൽ ഇത് ഉറപ്പുറ്റ അനുഭവമായിട്ട് വരും നമുക്ക് സംശയങ്ങളൊക്കെ അസ്തമിക്കും ധന്യത അല്ലെങ്കിലോ സാധന ചെയ്ത് ചെയ്ത് ചെയ്ത് ചെയ്ത് ചിത്തശുദ്ധി ഉണ്ടാവും കുറച്ച് പക്ഷെ ചിലപ്പോ എന്താകും വെച്ചാൽ സാധനയെ ഒരു വേദനയായിട്ട് മാറും അതേ തന്നെ ഒരു എന്തോ ഒരു ഹാബിറ്റായിട്ട് മാറാം ചിലരൊക്കെ മനസ്സുകൊണ്ട് ആദ്യമേ പറഞ്ഞു പഠിക്കും ഇത് നമുക്ക് പറ്റില്ല ഇത് നമ്മൾക്ക് ഇപ്പോഴൊന്നും സാധിക്കില്ല ഇനി കുറേ ജന്മങ്ങൾ അങ്ങനെ പഠിച്ചാൽ അങ്ങനെ ഭഗവാൻ പറയണത് ഭഗവാൻ ഒരേ ഒരു വാക്കേ ഉള്ളൂ ശരി തഥാസ്തു തഥാസ്തു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും ഭഗവാനുള്ളത് ഇപ്പോഴൊന്നും പറ്റില്ല ഇനി കുറെ ജന്മം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഭഗവാൻ കാരുണ്യം കൊണ്ട് തഥാസ്തു എന്ന് പറയും ഏ തന്നെ പറ്റുന്ന വെച്ചാൽ തഥാസ്തു പറയും ഇറ്റ് ഡിപെൻഡ്സ് ഓൺ വാട്ട് യു തിങ്ക് കാര്യം എളുപ്പമാണോ എളുപ്പമാണ് കഷ്ടമാണോ കഷ്ടമാണ് എല്ലാത്തിനും ശരി ശരി ശരി പറഞ്ഞുകൊണ്ടിരിക്കും ഭഗവാൻ ഉള്ളിലിരുന്നോണ്ട് അതുകൊണ്ടാണ് എപ്പോഴും ഭഗവാൻ ഇങ്ങനെ ഇരിക്കണത് ഇങ്ങനെ ഇരിക്കുന്നതിന്റെ അർത്ഥം അദ്ദേഹത്തിന് അതൊന്നേ അറിയുള്ളൂ ഏയ് അത് മനസ്സിലാക്കാൻ നമ്മൾക്കൊക്കെ ഇപ്പോഴൊന്നും പറ്റില്ല അതെ ഏ ഞങ്ങൾക്കൊക്കെ ഇപ്പൊ സാധിക്കും അതെ ഡ്രാമാണേ നമ്മളെങ്ങനെ ഡ്രാമയില് വേഷം കെട്ടണോ അതുപോലെ അതിനനുസരിച്ച് ആ ഡ്രാമ തിയേറ്ററിലുള്ള വിളക്ക് പ്രകാശിപ്പിക്കും അതുപോലെയാണ് ഈ ബ്രഹ്മവിദ്യയും വിഷമമാണോ അതെ എളുപ്പമാണോ അതെ ചിലര് എളുപ്പം ആദ്യം തന്നെ തീരുമാനിക്കും ചിലര് വിഷമം എന്ന് ആദ്യം തന്നെ തീരുമാനിക്കും വിഷമം എന്ന് തീരുമാനിച്ചവര് വിഷമിച്ചുകൊണ്ടേയിരിക്കും എന്താന്ന് വെച്ചാൽ അവരിപ്പോൾ വിഷമിക്കുന്ന റോളാണ് എടുത്തിരിക്കുന്നത് നാടകത്തിൽ വിഷമിക്കട്ടെ എളുപ്പമെന്ന് തീരുമാനിച്ചോ എളുപ്പമായിട്ട് പുറത്തു പോകും ഇപ്പൊ തീരുമാനിക്കണം എന്നാണ് തീരുമാനിച്ചാൽ ഉള്ളത് അഖണ്ഡബോധവസ്തു മാത്രം പ്രപഞ്ചമായിട്ട് കാണപ്പെടുന്നതും അതുതന്നെ അത് തന്നെ സ്വസ്വരൂപം അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ ചിത്തം മനസ്സ് ത്രിഗുണയാ അശേഷം മയാ കൽപ്പിതം അതിനെ ഒഴിച്ചു വസ്തു കയ്യിലുള്ള പഴം പോലെ ഉണ്ട് ഇത്തവര് ഭാഗവതത്തിൽ പറഞ്ഞു ഭഗവാനെ ഈ അനുഭവം എളുപ്പത്തിൽ എനിക്ക് ഇപ്പൊ കിട്ടണം അതായത് ചെണ്ടാളനും ബ്രാഹ്മണനും സകല പദാർത്ഥങ്ങളും ബ്രഹ്മമാണെന്ന് പറയണമല്ലോ ഈ അനുഭവം എനിക്ക് ഇപ്പൊ കിട്ടണം എന്ന് പറഞ്ഞു ഏകാദശത്തിൽ അപ്പൊ ഭഗവാൻ പറഞ്ഞു അപ്പൊ ഇത്രയധികം ഇപ്പൊ പറഞ്ഞിട്ടിപ്പോ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഒരു സാധന സാധന വേണം എന്നാണ് എന്നാ ഒരു സാധനം പറഞ്ഞുതരാം എന്താ സാധന വേണ്ടതെന്ന് വെച്ചാൽ വിസർജ്യ സ്മയമാനാൻസ്വാൻ ദൃശം ദൂമൗ ആശ്വചാണ്ടാളോരം പ്രത്യേകിച്ച് നമ്മൾക്ക് മമതാ ബന്ധമുള്ള ആളുകളെയൊക്കെ മാറ്റി നിർത്തു വിസർജ്യ സ്മയമാനാൻസ്വാൻ പരിഹസിക്കുന്നവരും നമ്മളെ ശരീരം ഓർമ്മിപ്പിക്കുന്നവരെയും ഒക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ആരോടും പ്രത്യേകതയില്ലാതെ ദൃശം വ്രീഡാംച്ച് ദൈഹിക്കും ദേഹസംബന്ധമായിട്ടുള്ള ദൃഷ്ടിയും ലജ്ജയും ഒക്കെ വിട്ടിട്ട് പ്രണമേത് വീണ് നമസ്കരിക്കാം ആരെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിക്കാം ആശ്വചാണ്ടാള ഗോഖരം ശ്വാവ് ചണ്ടാളൻ പശുവ് കഴുത നായ കഴുത ചണ്ടാളൻ എന്തു കണ്ടുവോ അതിനെയൊക്കെ ന വീണ് നമസ്കരിച്ചു തുടങ്ങുമെന്നാണ് ഗുരുവായൂരപ്പൻ കുറച്ച് കടുങ്കാണ് ചെയ്തത് എന്നാണ് എന്താന്ന് വെച്ചാൽ നമുക്കൊക്കെ പത്ത് അമ്പത് അറുപത് വയസ്സാവുമ്പോഴേക്ക് ഇടുപ്പ് വേദന നമസ്കരിക്കാൻ വയ്യ ചോട്ടിൽ ഇരിക്കാനേ വയ്യ ഉദ്ധവർക്കൊക്കെ നൂറ്റി ഇരുപത് വയസ്സായി കഴിഞ്ഞു എന്നിട്ടാ പറയണത് വീണു വീണു നമസ്കരിക്കൂന്നാണ് എന്താന്ന് വെച്ചാ കൊറച്ച് നമസ്കരിക്കുമ്പോ തനിയോ തോന്നും ദൃശ്യം ദൈഹികം വിസൃജ്യ പ്രണമേത് ദവത്ഭവുമാവും ആശ്വചാണ്ടാള ഗോഖരം ചണ്ടാളൻ പശു കഴുതാ സകല വസ്തുക്കളിലും ആ നാരായണനെ ഭാവന ചെയ്തുകൊണ്ട് ഏഹ് ഡയറക്ടായിട്ട് ആ അനുഭവം വന്നില്ലെങ്കിൽ ഭാവന ചെയ്തുകൊണ്ട് തുടങ്ങാം എന്നാണ് ഭാവന ചെയ്തുകൊണ്ട് നമസ്കരിക്കൂ ഭാവന സാക്ഷാത്കാരമായിട്ട് മാറുന്നതാണ് ആദ്യം ഭാവന പിന്നെ സാക്ഷാത്കാരം ഭാവനയുടെ ഒരു മാർഗമാണത് എല്ലാത്തിലും ഭാവന ചെയ്യാന്നാണ് ബ്രാഹ്മണേ പുൽക്കസേന ഇത് ഭഗവാന്റെ അവസാനത്തെ ഉപദേശമാണ് ഏകാദശ സ്കന്ധത്തിൽ അവസാനത്തെ ഉപദേശം ഏറ്റവും അവസാനം ഇത് ഉപദേശിച്ചിട്ടാണ് ഭഗവാൻ ഉദ്ധവനോട് ചോദിക്കുന്നതൊക്കെ തെളിഞ്ഞോ മനസ്സിലായോ നോക്കി അപ്പോ സമബുദ്ധി കൊണ്ടുവരാനും രാഗദ്വേഷം അകറ്റാനും സമബുദ്ധി കൊണ്ടുവന്ന് ഇപ്പൊ സമൂഹം നന്നാക്കാനല്ല നമ്മളുടെ ഉള്ളിലുള്ള ചഞ്ചലത രാഗദ്വേഷം നീക്കാനാണ് അങ്ങനെ നീക്കി കൊറേ വ്യക്തികൾ നീങ്ങിയാൽ സമൂഹം താനെ നന്നാവും അല്ലാതെ സമൂഹത്തിനെ നന്നാക്കാനൊന്നും പറ്റില്ല ഓരോ വ്യക്തിയും ഈ തത്വം അറിയും തോറും അയാളുടെ ഉള്ളു തെളിയും അയാളുടെ ഉള്ളില് പ്രത്യേകമായിട്ടുള്ളത് മമതയൊക്കെ വിട്ടുപോകും പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ ഉള്ള്ള്ള്ള്ള്ള്ള്ള്ള് തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞ് അടങ്ങി അടങ്ങി അടങ്ങി വരും അങ്ങനെ വ്യക്തികൾ തെളിഞ്ഞു വന്നാൽ സമൂഹം നന്നായിക്കാം അപ്പൊ അതിനുവേണ്ടിയാണ് അപ്പൊ ആ സമത്വം യോഗ ഉച്ചത്തെ ഇന്നലെ പറഞ്ഞല്ലോ സമത്വം ഉള്ളിൽ കൊണ്ടുവരാനൊരു വഴിയാണ് ഈ ഏകദർശനം ഏകത്വദർശനം ഏകത്വ ദർശനം കൊണ്ട് എന്താവും ആരും വിരോധിയില്ല എന്ത് എന്താ നമ്മളുടെ മനസിന്റെ സമനില തെറ്റാൻ എന്താ കാരണം ഒന്നിൽ ആരോടെങ്കിലുള്ള അറ്റാച്ച്മെന്റ് കാരണം സമ നില തെറ്റും അല്ലെങ്കിൽ ആരോടുള്ള വെറുപ്പ് കാരണം സമനില തെറ്റും അല്ലെങ്കിൽ നമ്മളുടെ സമനിലയിലുള്ള ആരോടെങ്കിലുള്ള അസൂയ കാരണം സമനില തെറ്റും കോമ്പറ്റീഷൻ കാരണം സമനില തെറ്റും അല്ലേ അപ്പൊ ഇതൊക്കെ മാറ്റണമെങ്കിൽ എന്ത് വേണം ഇവിടെ മറ്റുള്ളവൻ എന്നുള്ളത് ഇല്ല എന്ന് പറയണം അല്ലേ മറ്റുള്ളവനെ ഇല്ല ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ എന്ന് പറഞ്ഞു അതിന് എന്തെങ്കിലും മാർഗം ആശ്രയിച്ച് ഈ ഏകദർശനം പതുക്കെ പതുക്കെ ഏകത്വത്തിൽ നിർത്തിയാൽ സമത സമനില ശാന്തി സമം അതിനാണ് ഭഗവാ ആചാര്യസ്വാമികൾ ഈ ശ്ലോകം രണ്ടാമത്തെ ശ്ലോകം ബ്രഹ്മ വിവാഹം ഇതം സകലം ചിന്മാത്രം ചൈതദവിദ്യയാണയാ അശേഷം ഇത്ത ദൃഢാമധി സുഖതേ നിത്യേ പരേ നിർമ്മേ ചാണ്ടാളോസ്തു സു ദ്ജോസ്തു ഗുരുത്യേഷ മനീഷ മങ്ങനെയുള്ള ആള് ആചാര്യനാണ് ഗുരുവാണ യ മമാത്മാവസി ത്വമ തോന്നിദസ്തിയേഷ്ടം കൂരുമാദൈ ത്മനാഥം രമണം ഭമ